സാരത്തിരുപേണ ശ്രാവശുഗിരം പാർത്ഥ്യർത്തിഹരോ കൃപ മൂർത്തിനാവശ്യം ആറാമത്തെ അദ്ധ്യായമാണ് ഭഗവത്ഗീതേന് ഈ അദ്ധ്യായത്തിന് പല പുസ്തകങ്ങളിലും പല പേരുണ്ടാവും ധ്യാനയോഗം അഭ്യാസയോഗം അധ്യാത്മയോഗം പിന്നെ എന്തൊക്കെയാ പേരുള്ളതെന്ന് വെച്ചാൽ പറയുക സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നാണ് ഭഗവത്ഗീതാ ഭാഷ്യം എഴുതുമ്പോൾ ശ്രീ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചിരിക്കുന്നത് സമസ്തവേദാർത്ഥ സാരസംഗ്രഹഭൂതം വേദത്തിൻ്റെ മുഴുവൻ अर्थ ते संग्रह अ भगवान नमक तेदम प्रपंचमत वेद प्रपंच കാണപ്പെടുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം അവിടെ എന്തൊക്കെ തരത്തിലുള്ള അറിവുണ്ടോ അതൊക്കെ വേദം എന്നുള്ളതിൽ അടക്കം വേദമെന്നു വെച്ചാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് പുസ്തകമാണ് ഗ്രന്ഥരാശിയാൻ അല്ലെങ്കിൽ ചൊല്ലി പഠിക്കുന്ന സ്വരൂപത്തിലുള്ള ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അത് വേദത്തിൻ്റെ ഒരു രൂപം മാത്രമാണ് അനന്താഹ വൈവേദാഹ എന്നൊരു ചൊല്ലുണ്ട് വേദം അനന്തമാണെന്ന് ഇനിയും നമ്മളുടെ പൗരാണികര് പറയണത് കേട്ടാൽ നമുക്ക് ആശ്ചര്യം തോന്നും ചിലപ്പോ ഒത്തിരി യുക്തി വിചാരം ചെയ്യണവരാണെങ്കിൽ വിഡിതാണെന്ന് പറയും വെച്ചാൽ വേദത്തിൽ നിന്നാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ നിശ്ചയായിട്ടും ഒന്നിൽ ഈ പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം അല്ലെങ്കിൽ വേദം എന്നുള്ളതിന് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണം ബാച്യമായ അർത്ഥമല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥം വേദം എന്നുള്ളതിന് പറഞ്ഞ ആൾക്ക് കുഴപ്പം വരാൻ വഴിയില്ല പറഞ്ഞത് ഋഷിയാണ് ആപ്തവചനം എന്നാണ് പറയാ ആപ്തൻ എന്ന് ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരാളെയാണ് ആപ്തൻ എന്ന് പറയാ അല്ലെങ്കിലും പറഞ്ഞത് കേൾക്കണം എന്നോള് പറയുമ്പോ പറയണ ആൾക്ക് നല്ല വിവരം ഉണ്ടോ എന്ന് വേണം കേൾക്കാൻ തൃശൂരിൽ എറണാകുളത്തേക്ക് വഴി ചോദിച്ചാൽ കാണിച്ചു തരണ ആള് തെക്കോട്ടാണോ കൈ കാണിക്കണത് വടക്കോട്ടാണോ കൈ കാണിക്കണത് എന്നറിയാനുള്ള വിവരം നമുക്ക് വേണം കാണിച്ചു തരുന്ന ആൾക്ക് ഈ വഴി നിശ്ചയുണ്ടാവും അറിയണം നിശ്ചയുള്ള ആളാണെങ്കിൽ അദ്ദേഹം പറയണത് അതേപടി അനുസരിക്കുക ചോദ്യം ചോദിക്കാതെ അനുസരിക്കുക അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ആപ്തന്മാർ എന്ന് പറയണത് ഋഷി എന്ന് പറയണത് अदिवचन वेद प्रपंचम सृष्टु अेद ते अर्थम अव प्रकाशम शब्द ऊर्ज इ वेद तर्थ ना नाद ए നാദം എന്നുവച്ചാൽ ശബ്ദം ബിന്ദു എന്നു വച്ചാൽ സകല ഊർജത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഒരു മൂലസ്ഥാനം യോനി കല എന്ന് പറഞ്ഞാൽ പ്രകാശം വെളിച്ചം നാദം ബിന്ദു കല തമിഴില് വളരെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട് മോ നമ അതിനെ തിരുപ്പുകഴുതോ അപ്പോ ശബ്ദം പ്രാണൻ പ്രകാശം ഇതിനൊക്കെ വേദം എന്നർത്ഥുണ്ട് ലക്ഷ്യാർത്ഥം ശരിക്കും വേദം ചൊല്ലുന്ന ആള് ഈ മൂന്നും കൂടെ അറിയുന്ന ആളാണെങ്കിൽ അയാൾ ചൊല്ലണത്തെ മന്ത്രമായിട്ട് തീരും ഒരു വൈദികൻ ശബ്ദത്തിനോടൊപ്പം അതിൻ്റെ പ്രാണനയും അതിൻ്റെ ആന്തരികമായ അനുഭവമണ്ഡലമായ ഭാനം എന്ന് പറയുന്നത് ഭാനം പ്രകാശം അഥവാ അതിന്റെ അറിവ് പ്രകാശം എന്ന് വെച്ചാൽ ബാഹ്യ വെളിച്ചം എന്ന് മാത്രമേ അർത്ഥല്ല ആ ശബ്ദം എന്തിനെ ദ്യോതിപ്പിക്കുന്നു ആ അറിവ് ഇറ്റ് ഇസ് ബിയോണ്ട് ലാംഗ്വേജ് എല്ലാരെയും അറിയിപ്പിക്കുന്ന ഒരു ശബ്ദം ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം അറിയണവർക്കേ അറിയുള്ളൂ തമിഴില് പറഞ്ഞാൽ തമിഴ് അറിയണവർക്കേ അറിയുള്ളൂ തെലുങ്കില് പറഞ്ഞാൽ തെലുങ്ക് അറിയണവർക്കേ അറിയുള്ളൂ അങ്ങനെ അല്ലാതെ ഒരു ഭാഷയുടെയും സഹായം കൂടാതെ പശുപക്ഷി മൃഗാദികൾക്ക് പോലും അർത്ഥ്യോതന ഉണ്ടാക്കാവുന്ന ഒരു ശബ്ദപ്രയോഗം ആ ശബ്ദപ്രയോഗം വരണമെങ്കിൽ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ ഇഫക്റ്റ് സംഗീതം അങ്ങനെ നോക്കിയാൽ വേദമാണ് പശുറുവേത്തി ശിശുറുവേത്തി വേത്തി ഗാനരസം പണിഹീനം പശുവിനും ശിശുവിനും പാമ്പിനൊക്കെ അറിയണത് അങ്ങനെ പാടിയാലേ സംഗീതമാവുള്ളൂ എന്നാണ് പശുവിനറിയണം ശിശുവിനറിയണം പാമ്പിനറിയണമെന്നാണ് അപ്പോഴാണ് ഇത്രേത് സംഗീതാവ അപ്പോ സംഗീതം വേദം എന്നൊക്കെ പറയണത് ഈ പ്രാണനോടുകൂടിയും പ്രകാശത്തോടുകൂടിയും ഉള്ള നാദത്തിനെയാണ് വേദം എന്ന് പറയണത് സംഗീതം അറിയണവർക്കറിയാം ഇപ്പോ സ്വരജതി എന്നൊന്നുണ്ട് സംഗീതത്തില് എനിക്കിപ്പോ സംഗീതം പാടാൻ നിശ്ചയില്ല എന്നാലും പറയാനിപ്പോ ഈ സ്വരം ചിട്ടപ്പെടുത്തി വെക്ക പ്രത്യേകിച്ച് പഞ്ചരത്ന കൃതികൾ മുഴുവൻ അതുണ്ട് ഒരു സ്വരം പാടിക്കഴിഞ്ഞാൽ ആ സ്വരത്തിനനുസരിച്ചാണ് അടുത്ത വരി തുടങ്ങീർത്തനത്തില് ആ സ്വരവും ആ കീർത്തനത്തിന്റെ ഭാവമും ആ പാടുന്ന വരികളുടെ ഭാവവും ഒരേ ഒരേ ഭാവം ഉണ്ടാക്കുന്നതാണ് പറയുന്നത് മനസ്സിലാവുക അറിയില്ല ഒരു കീർത്തനം പാടുകയാണെങ്കിൽ സംഗീതത്തില് അപ്പോഴേ അത് സംഗീതമാവുള്ളൂ ശരിക്കും ഭാവത്തോടുകൂടി അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാത്തൊരു ഭാഷയിൽ തെലുങ്ക് ഭാഷയിൽ ഒരാള് വളരെ വിഷമിച്ചുകൊണ്ട് അയാളുടെ ഇഷ്ടപ്പെട്ടവരാരോ മരിച്ചു കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ് നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും അയാളുടെ ഭാവവും ശബ്ദവും വളരെ ജനുവിൻ ആയിട്ട് ഹൃദയത്തിന് വരണതാണെങ്കിൽ ആ ശബ്ദത്തിൻ്റെ തലങ്ങൾ കൊണ്ട് തന്നെ കേൾക്കണ ആൾക്ക് അയാൾ എന്താ പറയണത് എന്ന് മനസ്സിലാവും ഇതൊരു സാധാരണ ഉദാഹരണം ഇതേപോലെ ഭക്തിയിലും ശ്യാമാശാസ്ത്ര കീർത്തനം അംബാ ഒരു കീർത്തനമുണ്ട് ആ കീർത്തനം കേട്ടാൽ ഭൈരവിയില് ദേവിയുടെ അടുത്ത് ഒരു കുറേ കാര്യങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്വരണ്ട് ആ സ്വരം ഈ ശബ്ദത്തിൻ്റെ തന്നെ തലങ്ങളാണ് ഈ പറയണ ഭാവം ആ സ്വരം ആ ഭാവം മുഴുവൻ ആ സ്വരത്തിൽ വരും ആ സ്വരത്തിന് ലാംഗ്വേജ് ഇല്ല അതിന് ഭാഷയില്ല പറയണ വാക്കിന് ആ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾ തെലുങ്കിലോ സംസ്കൃതത്തിലോ തമിഴിലോ ആണ് പക്ഷെ അതേ വാക്കുകൾ സ്വരത്തിൽ വരുമ്പോ അതിന് ഭാഷയില്ല ഭാഷയില്ലാതെ തന്നെ ദ്യോതിപ്പിക്കാൻ നമുക്ക് ഉള്ളിൽ പ്രകാശിപ്പിക്കാനുള്ള ശക്തിയാണ് പ്രകാശം എന്ന് പറഞ്ഞത് ഭാനം എന്ന് പറഞ്ഞത് അതും കൂടി അടങ്ങിയാലാണ് അതിന് വേദം എന്ന പേര് നാദം ബിന്ദു കല മൂന്നും കൂടി ചേർന്നതാണ് വേദം അപ്പൊ വേദം ചൊല്ലുന്നവന് ഈ രണ്ടു തലം കൂടെ പ്രാണനെയും അർത്ഥ്യോതനത്തിനെയും തൻ്റെ ഉള്ളിൽ അടക്കിക്കൊണ്ടാണ് അയാൾ വേദം ചൊല്ലണതെങ്കിൽ ആ വേദ ശബ്ദത്തിന് കേൾക്കുന്ന ആളുടെ ഉള്ളില് ഒരു തലത്തിൽ അവ്യക്തമായ ഒരു शांति अुभव सुख ते अल एंण अकाशिपी कहूं इधर नाम सिद्धांत मंत्र पेसी അങ്ങനെ സ്വാംശീകരിച്ച ഒരു ശബ്ദം ആണ് വേദം അപ്പൊ അത്രയാട്ടെ ഇനിയിപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് അതല്ല ഇപ്പൊ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് വരുമ്പോ എന്തോ ഓരോ സത്സംഗം തുടങ്ങുമ്പോ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് തുടങ്ങും അതും ഒരു വേദമാണ് ഗീതയിലേക്ക് വരുമ്പോ വേദമെന്നു വെച്ചാൽ ഇപ്പൊ പറഞ്ഞു പ്രാണനാണ് ശബ്ദമാണ് പ്രകാശമാണ് ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് പലർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രപഞ്ചം എന്ന് നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും ഇത് വെച്ചുകൊണ്ട് പുറമേക്ക് കാണുന്ന വ്യക്തികളോടോ പദാർത്ഥങ്ങളോടോ ക്രിയകളോടോ ഉള്ള നമ്മളുടെ സംബന്ധം ഇന്ററാക്ഷനുമാണ് നമ്മളുടെ പ്രപഞ്ചം ശരീരവും മനസ്സും വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിനോടുള്ള ബന്ധം അപ്പൊ ശരീരത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ക്രിയ മനസ്സിൽ വരുന്ന ചിത്തവൃത്തികൾ ഇത് രണ്ടും ഇല്ലെങ്കിലോ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും മനസ്സിൽ അയിച്ചു പോകും ശരീരത്തിന്റെ ക്രിയയില്ല മനസ്സിന്റെ ക്രിയയില്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു നിദ്ര പദാർത്ഥമൊന്നും ഗ്രഹിക്കാതെ ഉള്ള ഒരു മൗഢ്യം എവിടെയാണ് വേദാന്തം അല്ലെങ്കിൽ വേദം വരണത് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ക്രിയകളെ കുറിച്ചും പറയണം മനസിന്റെ നിയന്ത്രണത്തിനെ അതല്ലാതെ ശരീരമോ മനസ്സോ ഒരിക്കലും പൂർണമാവില്ല അതുകൊണ്ട് ഇതൊക്കെ ഏതൊരു പൂർണമായ മൂലസ്ഥാനത്ത് നിന്നാണോ പുറപ്പെടുന്നത് ഏതൊന്നും ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടിരിക്കണോ ആ മൂലസ്ഥാനത്തിന് ആ സോഴ്സിനെ ഭഗവാൻ ഈശ്വരൻ അല്ലെങ്കിൽ എന്തോ നമ്മൾ പേര് പറയണോ ബ്രഹ്മം അതിനെ കുറിച്ചും പറയണം അപ്പോ ക്രിയകളെ കുറിച്ചും ചിത്രവൃത്തികളെക്കുറിച്ചും ഇത് രണ്ടിനും ഉദിക്കാനും ഇരിക്കാനും ലയിക്കാനും ഇടമായിട്ടുള്ള ഒരു അധിഷ്ഠാനത്തിനെക്കുറിച്ചും ഇത്രയും പറഞ്ഞുകഴിഞ്ഞാൽ വേദം പൂർണമായി ഇത്രയും കൊണ്ട് ലോകത്തിനെ തന്നെ നമുക്ക് സംഗ്രഹിക്കാം ലോകത്തിലെ എല്ലാത്തിനും ബേസ് ഇതാണ് കർമ്മം ഭക്തി ജ്ഞാനം ഇതെല്ലാം കൂടി ചേർന്ന് ഭഗവത്ഗീതയിലുണ്ട് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഇതിൽ ഭഗവാൻ ഗീതയെ ആരംഭിക്കുമ്പോ ഏത് യോഗമാ പറഞ്ഞ ഉം ഉം ഉം ആരംഭിച്ചത് എങ്ങനെയാ സാഖ്യയോഗം എന്ന് വെച്ചാലോ സാഖ്യയോഗം എന്ന് വെച്ചാൽ സാഖ്യം എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനമാണ് അതായത് ഒരു വിധത്തിൽ അത് തിയറട്ടിക്കൽ ആണ് ബേസിക് ഫസ്റ്റ് തിയറട്ടിക്കൽ നോളജാണ് സാഖ്യയോ പിന്നീടാണ് കർമ്മയോഗം ഭഗവാൻ പറയുന്നത് ആദ്യം ജ്ഞാനമാണ് ജ്ഞാനം പറഞ്ഞിട്ടാണ് കർമ്മയോഗത്തിനെ പറയണത് അല്ലെങ്കിൽ കർമ്മയോഗത്തിന് അർത്ഥല്ല ആദ്യ ജ്ഞാനയോഗത്തിനെ പറഞ്ഞു അതിന് നല്ലവണ്ണം തെളിഞ്ഞ അറിഞ്ഞിട്ട് വേണം കർമ്മം ചെയ്യാൻ ആദ്യം തന്നെ ജ്ഞാനത്തിന് അറിഞ്ഞു കഴിഞ്ഞാലും അതിലേക്ക് ഇരിക്കാൻ എന്തൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സമൊക്കെ നീക്കണം അവിടെയാണ് കർമ്മയോഗം വരുന്നത് ജ്ഞാനയോഗം കർമ്മയോഗം വീണ്ടും ഭഗവാൻ ജ്ഞാനത്തിനെ പറഞ്ഞു കർമ്മസന്യാസത്തിനെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് കർമ്മസന്യാസം എന്ന് വെച്ചാൽ ശരീരത്തിനെ കടക്കാനുള്ള വഴിയാണ് ഇപ്പൊ ഇതിലെ കിടക്കണമാദ്യം ഒന്ന് പറഞ്ഞുകള നമ്മളുടെ ഒക്കെ ലക്ഷ്യം അധ്യാത്മത്തിലേക്ക് വരുമ്പോ പ്രത്യേകിച്ചും നമ്മൾ പൂർണ്ണതയെ അന്വേഷിക്കുകയാണ് പൂർണ്ണതയെ അന്വേഷിച്ചു കൊണ്ടാണ് നമ്മൾ അധ്യാത്മത്തിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അധ്യാത്മ ജീവിതം എന്നുള്ളത് ആവശ്യമില്ല ശരീരത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അധ്യാത്മ ജീവിതത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല മനസ്സിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ മനസ്സ് ചഞ്ചലമാണെന്ന് നമുക്ക് തന്നെ അറിയാം ഇപ്പൊ കേട്ടു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ മറന്നുപോകും അപ്പൊ ഇതിനൊക്കെ അപ്പുറമുള്ള എന്തോ ഒരു പൂർണത്വത്തിനെ അന്വേഷിച്ചു കൊണ്ടാണ് ആ പൂർണത്വം നമുക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ടില്ലെങ്കില് എന്ന് പറയണത് പൂർണമാവില്ല ആ പൂർണത് ഭഗവാൻ അതുകൊണ്ട് ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചു ഗീതത്തൊടങ്ങുമ്പത്തന്നെ നോ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സത് ഉഭയോന്തസ്വനയോ തദർശി നായത്തെ മ്രിയതേ വാ ഭൂ ഭവിതൂയജോ നിശ്ശാശ്വതോയം പുരാണോ നന്യത്തെ ഹനമാനേ ശരീര എന്നൊക്കെയാണ് ഗീത തുടങ്ങിയത് നമ്മൾ അന്വേഷിക്കുന്ന പൂർണത്വം പുറം ലോകത്തില് എവിടെയും കിട്ടാനില്ല ഇതൊക്കെ ആദ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇനി കേൾക്കണതിനൊന്നും പ്രയോജനപ്പെടില്ല അതുകൊണ്ടാണ് എപ്പോഴും തുടങ്ങുമ്പോ ഇവിടുന്ന് തുടങ്ങണം പുറമേക്ക് മുഴുവൻ അന്വേഷിച്ചു നോക്കി മതിയായിട്ട് വന്ന ആൾക്കെ ഭഗവത്ഗീത മനസ്സിലാവുകയുള്ളൂ അഥവാ ഗീതയെ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ ഇനി പുറമേ നമുക്ക് പൂർണത കൊടുക്കും എന്നൊരു ഒരു ചെറിയ ഒരു ഡൗട്ട് ശങ്ക ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സങ്ങോട്ട് പോകും അതുകൊണ്ട് നമ്മൾ ചോദിച്ചോളാം നമ്മൾ നമ്മളിപ്പോ ധ്യാനയോഗത്തിലേക്കാണ് കിടക്കാൻ പോണത് ധ്യാനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആ ചിത്രം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഒരാളിങ്ങനെ ഇരിക്കണത് ഫോട്ടോ എടുത്ത് കാണിച്ചാൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കറിയണ ഒരാള് അമേരിക്കയിൽ നിന്ന് അതുപോലെ ഒരു സീറ്റ് വാങ്ങിച്ചു ധ്യാനം മെഡിറ്റേഷൻ സീറ്റ് അത് ഇത് വളരെ വില കൊടുത്ത് വാങ്ങിച്ച് അതെന്താ അയാൾക്ക് ഫാസിനേഷൻ എന്ന് വെച്ചാൽ അതിലിരുന്ന് ഒരാൾ ധ്യാനിക്കുന്ന വളരെ സുന്ദരമായൊരു ഫോട്ടോ ഇന്നിപ്പോൾ ഈ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറ്റിക്കാൻ വളരെ എളുപ്പ പക്ഷെ എന്നാലും അത് കാണാനൊരു സുഖം അദ്ദേഹം അത് കണ്ടിട്ട് എത്രയോടും ഓളർ കൊടുത്ത് അത് വാങ്ങിക്കാൻ പോണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സീറ്റൊക്കെ വാങ്ങിക്കാം അത് എളുപ്പമാണെന്ന് എനിക്ക് പണുണ്ട് കൊടുത്ത് വാങ്ങിക്കാം മെഡിറ്റേഷൻ ചെയ്യാൻ ഇപ്പൊ സീറ്റൊന്നും ആവശ്യമില്ല പക്ഷെ സീറ്റ് കിട്ടിയത് മെഡിറ്റേഷൻ ആവുമെന്ന് വിചാരിക്കേണ്ട അയാള് വാങ്ങിച്ചു കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു ശരിയാട്ടോ ഞാൻ വിചാരിച്ചു അതിലത്തി കയറി ഇരുന്നു കഴിഞ്ഞാൽ ധ്യാനിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ കയറി ഇരുന്നപ്പോഴാണ് മുമ്പുള്ള ആള് തന്നെയാണല്ലോ ഇരിക്കണത് അപ്പൊ ധ്യാനം എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കാണ് പക്ഷെ എന്തിനാ ധ്യാനിക്കണത് ജ്ഞാനാ ധ്യാനം വിശിഷ്യത്തെ എന്ന് ഭഗവാൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയണം അറിയേണ്ടത് അറിഞ്ഞിട്ട് വേണം ധ്യാനിക്കാൻ മനസ്സ് എവിടെയിരിക്കണം അല്ലെങ്കിൽ നമ്മളൊക്കെ ധ്യാനിക്കുന്നതാണ് നമ്മൾ പണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മെഡിറ്റേഷനാണത് മെഡിറ്റേഷൻ എന്നുള്ളതിന് കോൺസെൻട്രേഷൻ ഓഫ് തോട്ട് എന്ന് മാത്രം അർത്ഥം പറയുകയാണെങ്കിൽ എല്ലാവരും ധ്യാനിക്കണവരാണ് ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരണവർ അമ്മ ധ്യാനിക്കുന്നുണ്ട് ഒരു പുരുഷൻ ഭാര്യയെ ധ്യാനിക്കുന്നുണ്ട് ഭാര്യയെ ഭർത്താവിനെ ധ്യാനിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവര് പരസ്പരം ഇഷ്ടപ്പെടുന്നവര് ഒരു വിഷമമില്ലാതെയും ധ്യാനിക്കുന്നുണ്ട് പണ്ണുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കണവർ വിഷമല്ലാതെ ധ്യാനിക്കണം അപ്പൊ ധ്യാനം ഒന്നും ഒരു സാധാരണ കാര്യത് മനസ്സിന്റെ ഒരേ വിധത്തിലുള്ള ഒഴുക്കാണ് ധ്യാനം എന്ന് പറയുകയാണെങ്കിൽ എല്ലാരും ധ്യാനിക്കണവരാണ് ധ്യാനിക്കാത്ത ആളുകളെ ഇല്ല എന്തെങ്കിലും ഒരു വിഷയത്തിനെ തന്നെ അനുസ്യൂതം അനുസന്ധാനം ചെയ്യണവരെ ലോകത്തിലുള്ളൂ അതാ ധ്യാനം കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും പ്രയോജനപ്പെട്ടിട്ടുമില്ല അതാണ് ഇപ്പൊ കുഴപ്പമായിരിക്കണത് ചില ചിന്തകളൊന്നും ഉള്ളൊന്നു പോകാൻ വയ്യ വേണ്ടാന്ന് വെച്ചാലും ധ്യാനം വരണൂന്നുള്ളതാണ് ഇപ്പൊ കുഴപ്പം അതുകൊണ്ട് ആ ധ്യാനം നമുക്ക് മുക്തിക്കോ ഭക്തിക്കോ ജ്ഞാനത്തിനോ സാക്ഷാത്കാരത്തിനോ അല്ലെങ്കിൽ നമ്മൾ അധ്യാത്മം എന്ന് പറയുന്ന ആ എന്തോ ഒരു അനുഭവത്തിനോ കാരണമായിട്ടില്ല അപ്പൊ ധ്യാനം എന്നുള്ളതിലേക്ക് നമ്മൾ പ്രവേശിക്കണതിനു മുമ്പ് ധ്യാനിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം ം എന്താണ് ധ്യാതവ്യമായിട്ടുള്ളത് അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനെയാണല്ലോ ധ്യാനിക്കണത് ഭഗവാൻ ഗീത തുടങ്ങുമ്പോൾ പറഞ്ഞു വ്യവസായാത്മിക ബുദ്ധി എന്നൊരു വാക്ക് പറയും നിങ്ങളിപ്പോൾ ഗീതയിലൊക്കെ മറന്നു കളഞ്ഞാലും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വെച്ചോളാം വ്യവസായാത്മിക ബുദ്ധിരേഖ ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായി നാം എന്ന് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യാണ് അതായത് വ്യവസായാത്മിക ബുദ്ധി നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് ശ്രീശങ്കരന്റെ അർത്ഥം അതായത് ഒരു ലക്ഷ്യത്തിനെ നിശ്ചയിച്ചാൽ പിന്നെ മനസ്സനുസൂതം അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒന്നും നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കാതെ തന്നെ നമ്മളുടെ മനസ്സ് അതിലേക്ക് ഇപ്പൊ മുമ്പിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി സദാ അത് ചിന്തിക്കണ പോലെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ ഭാവം കൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചാൽ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചാൽ മനസ്സതിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും അതിനാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറഞ്ഞു ഇപ്പോ നമുക്ക് ജീവിതത്തിന് പല ലക്ഷ്യങ്ങളാണ് അതും ഭഗവാൻ തന്നെ പറഞ്ഞു ബഹുശാഖാഹി അനന്താശുദ്ധയാ പല കാര്യങ്ങളാണ് ഒരു കാര്യമല്ല ചെറുപ്പക്കാ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പഠിപ്പ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ജോലി കിട്ടണം പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലോ കല്യാണം കഴിക്കണം കുട്ടികൾ ജോലി ആവണം വേറെ ഒരുപാട് വ്യവഹാര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാർദ്ധക്യമായി കഴിഞ്ഞാൽ ഇപ്പൊ ഏറെ കുട്ടികളെ കുറിച്ചുള്ള ചിന്ത അല്ലെ ബാലസ്താവത് ക്രീഡാസക്താവത് തരുണീസക്ത ചിന്താസക്ത പരമേ ബ്രഹ്മണിക്കോപിനസക്ത എന്നുവെച്ചാൽ അപ്പൊ ഈ വ്യവഹാരമൊക്കെ ചെയ്യണ്ടെന്നാണോ ഒക്കെ ചെയ്തോളാം പക്ഷെ ലക്ഷ്യം ഇതാവരുതെന്നേ ഉള്ളൂ നമുക്ക് ലക്ഷ്യം തന്നെ ഒരു പാരമാർത്ഥികമായ ഒരു ലക്ഷ്യമില്ലാതാവുമ്പോ നമ്മളുടെ ബയോ എനർജി സൈക്കിക് എനർജി ഡീപ്പർ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉറങ്ങിപ്പോകും എന്താന്ന് വെച്ചാൽ നമ്മളുടെ ലോക കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ കാര്യമായ ഊർജമോ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ എന്താണോ സംഭരിച്ചു വെച്ചിരിക്കണത് അതിന്റെ ഒന്നും ആവശ്യമില്ല കുടുംബം നടത്താനോ പണം സമ്പാദിക്കാനോ കല്യാണത്തിനോ കുട്ടികളോ അതൊന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ് പക്ഷെ അതിനൊന്നും ഇതിനകത്ത് ഉള്ള മുഴുവൻ ഊർജത്തിന്റെ ആവശ്യമില്ല അത് വളരെ കുറച്ച് ഊർജം കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്താവും ബാക്കിയുള്ള അംശമൊക്കെ ഉറങ്ങിപ്പോകും അതുകൊണ്ടാണ് നമ്മള് തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇടിച്ചപൊളി പോലെ ഇരിക്കണവും എന്താന്ന് വെച്ചാ ഒരു വലിയൊരു ലക്ഷ്യമൊന്നും ഇല്ലപ്പോ ഇപ്പൊ എന്ത് ചെയ്യും അറിയില്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബഹുശാഖാഹ ഭഗവാൻ പറഞ്ഞു പല കാര്യങ്ങളാണ് പല കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോ ധ്യാനിക്കാൻ പറ്റില്ല എന്നാൽ പല കാര്യങ്ങൾ ചെയ്യണ്ടേ പല കാര്യങ്ങൾ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല എന്ത് കാര്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ കിടന്ന് ചെയ്തോളാ പക്ഷേ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞത് എന്താന്ന് സെന്റർ പോയിന്റ് ജീവിതത്തിന്റെ കേന്ദ്ര നമ്മുടെ ഉള്ളിൽ എവിടെയോ വിവേകമെന്നൊരു ശക്തി മനുഷ്യനുണ്ട് അത് എത്ര നീചനായ മനുഷ്യനാണെങ്കിലും അവന്റെ ഉള്ളിലും ഈ വിവേകമുണ്ട് അത് മനുഷ്യൻ ഈ ചത്തുപോകും ഈ വിവേകം ചത്തുപോകൂല ഓരോ ജന്മം കഴിയുമ്പോഴും വിവേകം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരേ വഴിയുള്ളൂ ഈ വിവേകത്തിന്റെ പേരാണ് മനുഷ്യൻ എന്നുള്ളത് ശരീരത്തിന്റെ പേരല്ല ശരീരമല്ല മനുഷ്യനാവണത് ഈ വിവേകാണ് വിവേകം എന്ന് ഗുപ്തമായിട്ട് കിടക്കുന്ന ശക്തിയെ എപ്പോ ജാഗ്രതമാവണോ എപ്പ ഉണരണോ അപ്പൊ ആ വിവേകം പതുക്കെ പതുക്കെ കാണും പുറം ലോകത്തുനിന്ന് പൂർണമാവാൻ സാധിക്കില്ല നമ്മളിവിടെ എത്ര വലിയ ആളായാലും സന്തോഷപ്പെടില്ല നമുക്കിപ്പോ എന്തോ ആയിട്ട് നമ്മൾ പൂർണമാവണം എന്നാണ് നോക്കണത്തെ ിക്കമിങ് എന്നാണ് അതിന് പറയവാ ബിക്കമിങ് ഭവം നാളെ നാളെ രാവിലത്തെ പ്രഭാഷണം രമണ പരാവിദ്യ ഉപനിഷത്ത് നിന്നാണ് ഇട്ടിരുന്നത് അത് അല്ല ഇപ്പോൾ ഇപ്പോൾ രമണ ഭഗവാന്റെ ഉള്ളത് നാർപ്പത് എന്ന തമിഴ് കൃതിയെ മലയാളത്തിലൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് സ്വാത്മസുഖി എന്ന് പറഞ്ഞിട്ട് ഒരു വിസ്തരിച്ചുള്ള ഭാഷയാണ് വളരെ പ്രൗഢമായിട്ട് വേദാന്തം ആത്മവിദ്യ അറിയണമെങ്കിൽ അതൊന്ന് മതി എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ തന്നെയാണ് നാളെ മുതൽ പറയണത് അതിൽ ആദ്യത്തെ ശ്ലോകത്തില് ഭഗവാൻ ഇത് രണ്ടും ഉള്ളൽ ഉള്ളത് എന്ന് രണ്ടു വാക്ക് ഒന്ന് ഉള്ളത് ഒന്ന് ഉള്ളൽ ഈ ഉള്ളൽ എന്ന് പറഞ്ഞാൽ ആയിത്തീരാനുള്ള വ്യഗ്രത മനുഷ്യൻ എന്തോ ആയിത്തീരണം ലോകത്തിലെ മുഴുവൻ അതാണ് എന്തോ ആയിത്തീരണം ചിലപ്പോ വയസ്സായാൽ പോലും തൃഷ്ണയിക്കാ തരുണായത്തെ എന്നാണ് ഭർതൃഹരി പറഞ്ഞത് ശരീരമൊക്കെ ക്ഷീണിച്ചു ഒന്നിനും വയ്യ പക്ഷെ ഉള്ളില് തൃഷ്ണ ഉണ്ട് എന്നാണ് ഇനിയും എന്തൊക്കെയോ ആവാനുണ്ട് എന്നാണ് അത് പോണില്ല തൃഷ്ണയിക്കാ തരുണായത്തെ ആയിത്തിരാനുള്ള വ്യഗ്രത കൊച്ചുകുട്ടികളോട് ചോദിച്ചറിയാം എന്തോ ആവണം അതെന്നാണ് ഈ ആയിത്തിരാനുള്ള വ്യഗ്രതയെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ സ്വപ്നം എന്ന് പറയാം ഡ്രീം അന്തര്യാമയുടെ സ്വപ്നശക്തി ആ സ്വപ്നശക്തിയാണ് നമ്മളെ അധ്യാത്മത്തിലേക്കും കൊണ്ടുവരണത് സമ്മതിച്ചു എന്തോ ഉണ്ട് സ്വപ്നശക്തി ആ സ്വപ്നശക്തിയാണ് നമ്മൾക്ക് പതുക്കെ ഭഗവാനെ സ്വപ്നം കാണാൻ തുടങ്ങണത് അധ്യാത്മമായിട്ടും സ്വപ്നം കണ്ട് തുടങ്ങണത് നമ്മളുടെ കലയും സംഗീതവും നാടകവും ഒക്കെ ആ സ്വപ്നത്തിന്റെ ഭാഗമാണ് പക്ഷെ ഈ ആയിത്തീരൽ എന്തോ ആവണം എന്നോ അതിനാണ് നമ്മൾ മനസ്സെന്ന് പറയണത് മനസ്സെന്ന് പറഞ്ഞത് തന്നെ ഈ ആയിത്തീരാനുള്ള ഒരു ഫ്ലോ മൂവ്മെന്റാണ് നമ്മള് ലോകത്തില് പലതും ആയി കഴിഞ്ഞ് സംതൃപ്തി ആവണണ്ടോ എന്തായി ആയിത്തിരൽ എന്നുള്ള ഉദ്ദേശിക്കണം ശാരീരികമായിട്ട് വേറെ ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല പല ആളുകളും പലതും സ്വപ്നം കാണും സിനിമയിൽ നടിക്കണവരെ പോലെയൊക്കെ ആവണം എന്ന് ചിലർ വിചാരിക്കും അവരായിന്ന് വേണമെങ്കിൽ ഭാവന ചെയ്യാമെന്നല്ലാതെ ശരീരം മാറുമോ അധ്യാത്മമായിട്ട് ഒരാളെ ആചാര്യനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ട് അതേപോലെ വേഷം കിട്ടും ലോകത്തിൽ എത്ര പേരെയാണ് കണ്ടു നോക്കത് ഐഡിയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളറിയാത്ത ഫാസിനേഷൻ വരെയാണ് എന്നിട്ട് അതുപോലെയൊക്കെ വേഷം കിട്ടും ഇതൊക്കെ ആയിത്തീരാനുള്ള ആഗ്രഹമാണ് ശരീരത്തിനെ വേറെ ഒരു രീതിയിൽ ആക്കാൻ പറ്റില്ല അപ്പോ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളത് സാധ്യമല്ല പൂർണമാവില്ല ഈ ആദ്യത്തെ ദിവസം നമ്മളിപ്പോ പറയുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വരണം എന്നാൽ വളരെ എളുപ്പമാവും പിന്നീടുള്ള കാര്യം ലോകത്തിലെ പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ആയിത്തിരലാണ് പ്രസിദ്ധനാവുക എന്നുള്ള ഒരു ആയിത്തിരലാണ് അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടി ഒരു തൃപ്തി ഉണ്ടോ സന്തോഷമുണ്ടോ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള മ്യൂസീഷ്യൻസ് സിനിമ ആക്ടേഴ്സ് പലരും അവസാനം സൂസൈഡ് ചെയ്യണതൊക്കെയാണ് കാണുന്നത് നമ്മള് സന്തോഷല്ല അവരുടെ സന്തോഷം പുറമേ നിന്നാണ് പുറമേ നിന്ന് ആളുകളെ അവരെ പുകഴ്ത്തിയിട്ടില്ലെങ്കിൽ സ്തുതിച്ചിട്ടില്ലെങ്കിൽ സന്തോഷം സന്താപായിട്ട് മാറും മാത്രല്ല ലോകത്തിലെത്ര പ്രസിദ്ധനും കുറെ കാലം കഴിയുമ്പോ അവനിരുന്ന സ്ഥലത്ത് വേറെ ഒരാൾ ഇരിക്കണത് അവൻ കാണേണ്ടി വരും വന്ന ആളുകൾ പോലും ഇപ്പൊ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് മുമ്പില് പോയി ഇരിക്കണമെന്നാണ് ഇരിക്കാൻ പറ്റില്ല പ്രകൃതി സമ്മതിക്കുകയില്ല ആരെയും ഒരിക്കലും നിരന്തരമായിട്ട് മുമ്പില് മേലെ ഒരു സീറ്റിൽ ഇരുത്താൻ സമ്മതിക്കില്ല അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഇരിക്കും രാഷ്ട്രീയത്തിലാവട്ടെ കലകളിലാവട്ടെ സംസ്കാരത്തിലാവട്ടെ അധ്യാത്മത്തിലാവട്ടെ ഏത് മണ്ഡലത്തിൽ നോക്കിക്കൊള്ള ഒരാൾക്കും ഈ ലോകത്തിൽ എന്തെങ്കിലായിട്ട് ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയോ പൂർണ്ണമാവുകയോ സാധ്യമല്ല ഇതൊക്കെ ഇത്തിരി വിചാരം ചെയ്ത് അറിയണം അതേപോലെ പണം സമ്പാദിച്ചിട്ടും ഒരിക്കലും പൂർണ്ണമാകും നമ്മൾ പണക്കാരനായ നാളെ വേറെ ഒരാൾ നമ്മളെക്കാളും പണക്കാരനാകും നമ്മളുടെ കയ്യിൽ പണം പോകും ഒരു പക്ഷെ നമ്മളുടെ പണമൊന്നും പ്രയോജനപ്പെടാത്ത വിധത്തിൽ ദുഃഖം വരും അപ്പൊ ഈ ആയിത്തീരൽ എന്ന് പറയണത് ഒരിക്കലും നമ്മളെ കംപ്ലീറ്റ് ആക്കില്ല മാത്രമല്ല നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിത്തീരാൻ പറ്റില്ല എന്നുള്ളത് വേറെ ഒരു വിഷമം ഇതാദ്യം കണ്ടു കഴിഞ്ഞാൽ പതുക്കെ നമ്മളുടെ മനസ്സ് ബാഹ്യ ജീവിതത്തിൽ ആവശ്യത്തിലേക്ക് വരും ആഗ്രഹത്തിൽ നിന്നും ആവശ്യത്തിലേക്ക് മനസ്സ് പ്രയോജനപ്പെടുന്ന ഒരു ശക്തിയായിട്ട് വരുമ്പോൾ ഈ രണ്ട് വാക്കും ഓർമ്മ വയ്ക്കണം ആഗ്രഹം ആവശ്യം ഊണ് കഴിക്കുക എന്നുള്ളത് പേർക്കും കല്യാണം കഴിക്കുക കുടുംബത്തിലിരിക്കുക ആവശ്യമാണ് കുട്ടികളെയൊക്കെ നോക്കുക എന്നുള്ളത് ആവശ്യമാണ് ജോലി വേണം ജീവിക്കാൻ പണം വേണം ആവശ്യാണ് അതിൽ ഞാൻ വലിയ ആളാവണം മറ്റുള്ളവരൊക്കെ പുറന്തള്ളണം ഞാൻ സമൂഹത്തിൽ വലിയ ആളാവണം അല്ലെങ്കിൽ ആവശ്യം അതൊക്കെ ആഗ്രഹമാണ് ഈ ആഗ്രഹം ഒരു രോഗമാണ് മനോരോഗമാണ് ആവശ്യം രോഗമല്ല നെസസിറ്റി എന്ന് പറയുന്നത് രോഗമല്ല ജീവിക്കാനുള്ളത് വേണം മനുഷ്യന് ജീവിച്ചു പോകണം നമ്മൾ സൗകര്യം യഥാസൗകര്യം എങ്ങനെ ജീവിക്കണോ അത്രയും കണ്ട് ലോകത്തിലെ നമ്മളുടെ പ്രവൃത്തി മതി അത്രയും കണ്ട് നമ്മൾ ലോകത്തിൽ സമ്പാദിച്ചാൽ മതി അത്രയുമൊക്കെ കണ്ട് നമ്മൾ ലോകത്തിൽ വ്യവഹരിച്ചാൽ മതി യാവർത്ഥം വ്യവഹരേത് ദേഹേ ഗേഹേച്ച പണ്ഡിത എന്ന് ഭാഗവതം അപ്പൊ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മേലെ നിന്നും ഇത്രയും വിവേകം കൊണ്ട് ആദ്യത്തെ നമ്മളുടെ വീട്ട് തൂത്തു വരുമ്പോ പോർട്ടുഗോ തൂത്തുവാരൽ പോലെയാണ് ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അധ്യാത്മ ജീവിതത്തിൽ വലിയ ഒരു അതായത് ജീവിതത്തിൽ എന്തോ ആയിത്തീരാനുണ്ട് എന്നുള്ള ഒരു വ്യഗ്രത ആരുടെ ഉള്ളിലുണ്ടോ അവർക്ക് ധ്യാനിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഇവരുടെ ഊർജം മുഴുവനും ഇവരുടെ ശക്തി മുഴുവനും അതിലേക്ക് ചെലവായി പോകും പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്യാം അതൊന്നും പാരമാർത്ഥികത്തിന് പ്രയോജനപ്പെടില്ല നമ്മൾക്ക് തന്നെ നമ്മൾ ഹിതം ചെയ്യണമെന്ന് തീരുമാനിച്ച് നമ്മൾക്ക് കുറച്ചു കാലമേ ആയുസുള്ളൂ എപ്പൊ മരിച്ചു പോകുമെന്ന് അറിയില്ല എന്നുള്ള ഒരു പരമാർത്ഥവും അറിയുമെങ്കിൽ അതുകൊണ്ടാണ് ഈ ഭാഗവതം പോലുള്ള പുസ്തകങ്ങളൊക്കെ മരണത്തോട് കൂടെ തന്നെ തുടങ്ങണത് ഗീതയിൽ അർജുനൻ ആദ്യം തന്നെ തൻ്റെ ബന്ധുക്കളുടെ ഒക്കെ മരണത്തിനെ കാണുകയാണ് ഇത്രയൊക്കെ വലിയ വലിയ ആളുകൾ ഈ ചത്തുപോവാൻ വേണ്ടിയിട്ടാണോ ഇത്രയൊക്കെ നേടിയെടുത്തത് എന്നാണ് ആദ്യം തോന്നണത് അപ്പൊ നമുക്ക് മുമ്പിൽ ഈ ഒരു നശ്വരത ഉള്ളപ്പോ വേസ്റ്റ് ചെയ്യാൻ പാടില്ല ആ ജീവിതത്തിന് എന്നാണ് നമുക്ക് ഊർജം കിട്ടിയിട്ടുണ്ട് കൊറേ ശക്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഒരു ആചാര്യൻ പറഞ്ഞു മരുഭൂമിയിൽ നമുക്കൊരു കുപ്പിയിൽ ആരെങ്കിലും ഒക്കെ വെള്ളം തന്നു മരുഭൂമി ക്രോസ് ചെയ്യണമെങ്കിൽ ആ കുപ്പിയിലുള്ള വെള്ളം കൊണ്ട് കുളിക്കുവോ കൈകാലുകഴുകോ അതെങ്ങനെ ഉപയോഗിക്കും വളരെ ജാഗ്രതയായി ദാഹിക്കുമ്പോ കുടിക്കാൻ മാത്രം ഉപയോഗിക്കൂ അല്ലെ അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഊർജത്തിന് ീ ജീവിതത്തിൽ പൂർണത കണ്ടെത്താനായി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് അനാവശ്യമായിട്ടുള്ള ക്രിയകളിൽ നിന്നും രക്ഷപ്പെടുക അതിനെയാണ് ആഗാമികർമ്മം എന്ന് പറയുന്നത് ആഗാമി കർമ്മത്തിനെ ഇല്ലാത്ത നിഷിദ്ധകർമ്മം എന്ന് പറഞ്ഞു നിഷിദ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ദൂഷ്യകർമ്മം എന്ന് മാത്രമല്ല എന്ത് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലയോ ഞാനിപ്പോ എലക്ഷനിൽ നിന്നിട്ടാവാൻ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോ ലോകത്തില് വേറെ വലിയ ആളാവണം വേറെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊക്കെ ആഗ്രഹമൊന്നുമില്ലെങ്കിൽ എനിക്കിപ്പോ കാര്യമേ ഉള്ളൂ എന്താ എന്തോ ഒരു ആ പൂർണതയെ കണ്ടെത്തണം അതിനാണ് മനുഷ്യ ശരീരം കിട്ടിയിരിക്കണത് തോന്നൽ വന്നാൽ അവസരം വന്നാൽ ഒരു ധൃതി വന്നാൽ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മളെ അറിയാത്ത ഉള്ളൊരു ഊർജം എഴുന്നേക്കും വീട്ടിൽ തീ പിടിച്ചുകഴിഞ്ഞാൽ വെളിയിലേക്ക് ഓടണമെന്ന് തോന്നണ പോലെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് സമ്യക് ജാനം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ അറിയാം ഇനി നമുക്ക് വളരെ ജാഗ്രതയായിട്ട് ജീവിക്കണം ഒന്ന് ആലോചിച്ചോളൂ ഈ ഒരു യാത്രയിൽ നമ്മൾ തനിയാണ് മക്കളില്ല പേരക്കുട്ടികളില്ല ബന്ധുക്കളില്ല ആരും ഇല്ല അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അവരാരും കുറുകേ വരാൻ അനുവദിക്കരുത് ഈ അർത്ഥത്തിലാണ് മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാ ജാഗ്രത ജാഗ്രത ജാഗ്രത എന്താന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ അവർ ആരും ഒന്നും സഹായിക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റില്ല അതുകൊണ്ട് അവർക്ക് അവര് പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് നമ്മളുടെ അധ്യാത്മ ജീവിതത്തിന് ആന്തരിക ജീവിതത്തിന്റെ പരിശുദ്ധിയെ തൊലച്ചു പാടില്ല നഷ്ടപ്പെടുത്തി പാടില്ല അപ്പൊ അതിന് ആദ്യത്തെ സ്റ്റെപ്പാണ് സർക്കിൾ ആദ്യത്തെ സോപാനമാണത് അത് കഴിഞ്ഞാൽ രണ്ടാമത് വരണത് എന്താ നമ്മളുടെ തന്നെ ഉള്ളിലുള്ള മനസ്സിന്റെ ചാബല്യങ്ങളെ ദൗർബല്യങ്ങളെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ഇനി നമ്മളുടെ തന്നെ നമ്മൾ നെസസിറ്റി ഇത്രേ ഉള്ളൂ തീരുമാനിച്ചാലും നോൺ എസെൻഷ്യൽ ആയിട്ട് ഒരുപാട് കാര്യത്തിൽ മനസ്സതിൻ്റെ ഹാബിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിനെ കടക്ക ദൗർബല്യം എന്ന് പറയുന്നത് ഒരു പാപമല ദൗർബല്യം കടക്കപ്പെടേണ്ട ഒരു തടസ്സം മാത്രാണ് ദൗർബല്യം ആണ് അടുത്ത സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തീരുമാനിച്ചു രണ്ടാമത്തെ എന്താ ഇനി കുറെ എനിക്ക് പറ്റണില്ലല്ലോ നമ്മൾ പറയുമല്ലോ ആ പറ്റണില്ലല്ലോന്നുള്ളതിനെ മാറണം പറ്റണം സാധിക്കണം ആ ദൗർബല്യത്തിനെ മാറ്റിയെടുക്കണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള പല ദോഷങ്ങളെ മാറ്റിയെടുക്കണം എന്ന് വരുമ്പോഴാണ് അതിനെന്ത് ചെയ്യണം അവിടെയാണ് ധ്യാനം എന്ന് അഞ്ചാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു സകലവിധമായ മനോദോഷങ്ങളും പോയിട്ടുള്ള യതികൾ ദ്വൈതാഹ ചിഹ്ന സംഘടനം ഉള്ളിൽ കോൺഫ്ലിക്ട്സ് ഇല്ലാത്തവരെ വിരുദ്ധങ്ങളുടെ യുദ്ധമില്ലാത്തവര് ദ്വന്ദ്വങ്ങളുടെ യുദ്ധമുള്ളിൽ ഇല്ലാത്തവര് അവര് പൂർണ്ണതയെ പ്രാപിക്കും എന്ന് പറഞ്ഞു അപ്പോ ഈ വിരുദ്ധങ്ങളെ പതുക്കെ മനസ്സിനെ പതുക്കെ നീക്കം ചെയ്യാൻ മനോദോഷത്തിനെ നീക്കം ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പ് മനോദോഷത്തിനെ നീക്കം ചെയ്യൽ എങ്ങനെ സാധിക്കും ഒരു കഥ പറയാം ഒരാള് വർഷാവർഷം പക്ഷേ പക്ഷെ അല്ല ഒരു വർഷം മുഴുവൻ അയാള് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കുതിരപ്പുറത്ത് ധാരാളം സാധനങ്ങൾ വെച്ച് കെട്ടി ഒരു ചാക്ക് വെച്ച് കെട്ടി സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകും എപ്പോഴും ചെക്ക് പോസ്റ്റില് ഇയാളെ ചുങ്കത്തിന് പിടിക്കും പിടിച്ചു ഇയാളുടെ ചാക്കല് ഒന്നുമില്ല കുറെ വൈക്കോല് മാത്രമേ ഉള്ളൂ വൈക്കോലും പുല്ലും ഒക്കെ ഉള്ളൂ <imitasa> <imitasa> <imitasa> तुरी तुरी तुरी तुरी ും പക്ഷേ കൊറേ കഴിഞ്ഞ ന്യൂസ് വരും ഇയാൾ പണക്കാരനായിക്കൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ എന്താ ഈ ചെക്ക് പോസ്റ്റിൽ പിടിക്കാത്ത അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് പിടിക്കും ഇയാൾ വെറും വൈക്കോലും പുല്ലുമാണ് കിടത്തണത് ഈ വൈക്കോലും പുല്ലും കിടത്തിയിട്ട് ഇത്രയൊക്കെ പണക്കാരനാവാൻ പറ്റുമോ അടുത്ത പ്രാവശ്യം ശരിക്ക് ശ്രദ്ധിക്കണം അടുത്ത പ്രാവശ്യം ശരിക്ക് ശ്രദ്ധിച്ചു നോക്കി ചാക്കലൊന്നുമില്ല പക്ഷെ ധാരാളം പുല്ലും വൈക്കോലും മാത്രമേ പോകണുള്ളൂ അതിനെന്താ ചുങ്കം കൊടുക്കാനുള്ള വെച്ചാൽ കൊടുക്കും കുറെ കാലം കഴിഞ്ഞ് ഇയാൾ പണക്കാരനായി അല്ലെ അവസാനം റിട്ടയറായപ്പോ അയാളോട് അയാൾ ഈ പണിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ ഈ ചെക്ക് പോസ്റ്റില് ചുങ്കത്തിലുണ്ടായിരുന്ന ഒരാളും വിരമിച്ച ആള് പതുക്കെ ചോദിച്ചു അത്രേ നീ ഇങ്ങനെ പണക്കാരനായിക്കൊണ്ടേയിരിക്കണു ഇനിയിപ്പൊ ഞാൻ തന്നെ പിടിക്കാനൊന്നും പോണില്ല പക്ഷെ എന്താ സീക്രട്ട് നീ എന്താ കടത്തിക്കൊണ്ടിരുന്നത് നീ എപ്പോ നോക്കിയാലും ചാക്കല് വൈക്കോലും ഇതുമാത്രേ ഉള്ളൂ കുതിരപ്പുറത്ത് നീ എന്താ കടത്തിക്കൊണ്ടിരുന്നോ ചോദിച്ചു മനസ്സിലായില്ലേ ചോദിച്ചു മനസ്സിലായില്ലേ കുതിരയാണ് കടത്തിക്കൊണ്ടിരുന്നതാണ് ധാരാളം കുതിരയാണ് കടത്തിക്കൊണ്ടിരുന്നത് കുതിരയെ നോക്കിയില്ല കുതിരപ്പുറത്ത് എന്താ ഉള്ളത് എന്ന് മാത്രമേ അവർ നോക്കിയുള്ളൂ കുതിരയെ ശ്രദ്ധിച്ചില്ല കുതിരപ്പുറത്തുള്ള ചാക്കിൽ എന്താ ഉള്ളത് എന്നാണ് ശ്രദ്ധിച്ചത് അല്ലേ ഇതേപോലെ നമ്മള് മനസ്സിലെന്താ ഉള്ളത് മനസ്സിലെന്ത് വിചാരങ്ങൾ വരണു മനസ്സിൽ എന്തൊക്കെ ചിത്തവൃത്തികൾ വരണു എന്ത്ചാരങ്ങൾ വരും മനോദോഷത്തിനെ എങ്ങനെ ജയിക്കും മനസ്സിനെ എങ്ങനെ ശുദ്ധമാക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത് മനസ്സിനെ ശുദ്ധമാക്കലല്ല മനസ്സ് തന്നെയാണ് അശുദ്ധി മനസ്സ് തന്നെയാണ് ദോഷം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് കളങ്കം എന്ന് പറഞ്ഞത് മനസ്സിന് മറ്റൊരു പേരാണ് കൽമശം എന്ന് പറയുന്നത് തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സെന്ന് പ്രത്യേകിച്ചൊരു പദാർത്ഥമേ ഉണ്ടാവല്ലേ അത് അത് മനസ്സാണ് എന്നുള്ള ഒരു പ്രത്യേക അറിവ് തന്നെയാണ് ദോഷം മനസ്സിനെ കടക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ ശരിയായ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യമായി ജ്ഞാനം കൊണ്ടതിനെ കടക്കും അതിനേക്കാണ് നമ്മളിപ്പോ വരുന്നത് അപ്പൊ ആട്ടെ അപ്പൊ മനസ്സിനെ ഇപ്പൊ ധ്യാനിക്കാനാണ് പറ പറയണത് മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്തിനെ ധ്യാനിക്കും